അന്തരായന്താനമചിന്യവൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ന്തിലഹം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഹം ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത് വ്യാപ്തേഹിമൂർത്ത ആവർത്തപു ജനം പ്രപദ് പാണ്ഡ്യേശേഷ വിഹൃതം പ്രപദ് ശോണചസ്ഥലം പ്രപക്ഷു തവക്ലേശ സഹം പ്രപ ആീടാത്തസമം പ്രപ ജിതരി ഷഡർഗമഹം പ്രപദ്ധേ സർവ്ഞതൃതം പ്രപദ്േ നിസീമകുണ്യനിധി പ്രപദ് അസ്മാപഞ്ചാധിഗം പ്രപത്യേ വിശ്വാധിഗോക്വിഷയം പ്രപദ് കാഗ്രഹ ഗ്രാഹയാപ്പു ശിക്ഷാതിനം പ്രപദ്മാർത്തിഷയാധനയാം വിജ്ഞാനമൂർത്തിധത്ത പ്രപദ്ധം കണ്ടർപ്പർപ്പരവായ കരിലീലാവതരം പ്രപദ്ധിം ആജന്മവർവ്രനം പ്രപദ് കുണ്ഡീഭൃതം ദണ്ഡധരം പ്രപദ് ബ്രഹ്മാസനധ്യരതം പ്രപദ് ബ്രഹ്മാത്മഭൂയം യനം പ്രപം പ്രപരം പ്രപദ് സ്വതന്ത്ര സദനം പ്രപദ് അമേയസാമർയവഹം പ്രപദ് വിശുദ്ധ വിജ്ഞാരിവരം പ്രപദ്ധിം ദൗർഭാഗ്യതാ കർമ്മമോഹസന്രമഹം പ്രപദ്ം യഥാർത്ഥസമേത പാപമവാമം വിശുചം പ്രപനഃ പ്രദം ഭജതാ ദുഗസ്മോല്ലുഖം പ്രപദ് വ്യഥാമശേഷാ വ്യപനീയ മോദ പ്രദേണം പ്രപദ് ശിവം പ്രപദ് ശിവദം പ്രപദ് ഗുരുമ്പേ ഗുണിനം പ്രപ മദീയഹൃത് പത്മജുഷ പ്രപേ ശരണ്മീ ശരണേ പാർതിബോധി ഭഗവതായയ വ്യാസേന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവശം ഭഗവതി അഷ്ടധ്യംബ ാ ഭഗവ ഈഷിണ നമോസ്തു തേവ്യസവിശാലുദ്ധി ഫുൾ റവിന് പത്രേത്രയാ ഭാരതൈല പൂർണ പ്രജ്വാലി ജാനമയ प्रपन्न പ്രപന്നിജാത ോത്രവേത്രൈകാണയേ ജാനമുദ്രാഷ ഗീതൃതദുഹേ നമോപനിഷദോ ഗാവോ ദുധാഗോനന്ദന പാർോ വത്സുധീർഭോക്തഗ്ധീതമൃതം മഹത്ത് വസുദുത കംസ ചാണൂനർദനം ീ പരമാനന്ദം കൃഷ്ണ വേ ജഗദ്ദ്രോണതടാജയദ്രഥജലാ ഗാന്ദാരോപ്പല്യാഹവീ കൃപേണ വലി കർേന വേനകുലാ അശ്വത്ഥമ വികർണ്ണഘോരമകരാജനാവർത്തി സൂത്തിർു പണ്ഡവൈരണനദീ കത്തശവഹ പചോജമബല ഗീതോത്കടം നഖ്യാനേസം ഹരികഥത സോധന ബോധന ഷട്ടൈരഹര പേ പീയമാനം മുദ भारत कलिमल करोति ഭൂയാ ഭാരത പങ്കജം കലിമല പ്രധ്വംസിന് ശ്രേയസേ മൂക്കം കോതി വാചാ അംഗു ഗയതകൃതമഹം വന്നേ പരമാനന്ദധവ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുൻവന്തി വേദസാംഗപദ്രമോപനിഷത് न योगिनो ായം സമസ്ന മനസ പശ്യം യോഗിനോ യം നദുസുരാസുരമ പാർസാരഥി ശ്രാവയ ശുഭം ഗിരം പാർസ്യർത്തിഹരോ ദൂർത്തിന വേദം കർമ്മകാണ്ഡം ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം എന്ന് മൂന്നായിട്ട് തരംതിരിക്കപ്പെടുന്നു ഇതില് ഭഗവത്ഗീത ഈ മൂന്നും എടുത്ത് കർമ്മപ്രതിപാദനത്തില് കർമ്മയോഗവും ഉപാസനയില് ഭക്തി ധ്യാനയോഗവും പിന്നെ ആത്മജ്ഞാനത്തിന് ജ്ഞാനയോഗവും ഈ മൂന്നും ഭഗവത്ഗീതയിൽ ഉള്ളതുകൊണ്ട് ഗീത സമസ്തവേദാർത്ഥ സാരസംഗ്രഹഭൂതം ഇതില് കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ഉപാസന കൊണ്ട് ചിത്ത ഐകാഗ്രത ഇത് രണ്ടും വന്നുകഴിഞ്ഞാല് ആത്മജ്ഞാനത്തിന് ഒരാള് അധികാരിയായിട്ട് തീരണം ഇതാണ് പൊതുവെ സമ്പ്രദായം അപ്പോഴാണ് ഒരാള് മോക്ഷം മുക്തി എന്നുള്ള വിഷയം തന്നെ അത് ഒരു വിഷയം തന്നെ ആയിത്തീരണതപ്പോഴ അതുവരേക്ക് അതൊരു വിഷയമേ അല്ല എന്തു മുക്തി അല്ലേ ശരീരം എവിടെ ജനിക്കണു വളരണു മരിക്കണു മരിച്ചു പോകണു ശരീരവും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ശരീരവും അങ്ങനെയാണ് അതിലെന്തു വിശേഷാപ്പുള്ളത് അത് എത്ര വലിയ ആളാവട്ടെ മഹാത്മാക്കൾ എന്ന് പറയുന്നവരാണെങ്കിലും അവരും അതെ അപ്പൊ അത് കണ്ടു കഴിഞ്ഞാല് മാക്സിമം നമുക്ക് വരണത് വൈരാഗ്യമാണ് ഭാഗവതത്തിലെ രാജാക്കന്മാരുടെ കഥയൊക്കെ പറഞ്ഞ് അവസാനം വ്യാസൻ പറഞ്ഞു വെച്ചു കഥായുമാസ്തേ കഥിതാമഹീയം ഈ കഥകളൊക്കെ ഞാൻ പറഞ്ഞു അവരൊക്കെ എങ്ങനെയുള്ള രാജാക്കന്മാരാണെന്ന് വെച്ചാൽ വിതായ ലോകേഷു യശ് പരേയുഷാം ലോകത്തിലൊരു ഫെയിം ഉണ്ടാക്കിയിട്ട് പ്രസിദ്ധി ഉണ്ടാക്കിയിട്ട് അവരൊക്കെ ചത്തുപോയി വിതായ ലോകേഷു യശയുഷാം എന്തിനാ ഈ കഥ പറഞ്ഞതെന്ന് വെച്ചാൽ വിജ്ഞാനവൈരാഗ്യ വിവക്ഷയാ വിഭോ എനക്ക് വിജ്ഞാനം വരണം വൈരാഗ്യം വരണം അതിനുവേണ്ടിയിട്ട് പറഞ്ഞതാണ് വചോ വിഭൂതി നതു പാരമാർത്ഥ്യം ഇത് വാക്കുകൊണ്ട് ഞാനൊരു വിഭൂതി സൃഷ്ടിച്ചതാണ് നമുക്ക് ബാഹ്യമായിട്ട് നോക്കുമ്പോ ഒന്നേ അറിയാൻ കഴിയുള്ളു ഒക്കെ നശ്വരമാണെന്ന് ശശ്വൻ നശ്വരമേവ എന്ന് വിവേകമുള്ള ആൾക്ക് അറിയാൻ കഴിയും എത്ര വലിയ ആളാണെങ്കിൽ അവസാനം എന്താ കഴിഞ്ഞു മരിച്ചു പോയി അപ്പൊ എവിടെ മുക്തി അല്ല അങ്ങനെയല്ല ശരീരത്തിന് അപ്പുറം ഒരു അസ്തിത്വമുണ്ട് എക്സിസ്റ്റൻസ് ഈ ശരീരം എന്റെ സ്വരൂപമല്ല എന്ന് അറിയുമ്പോഴാണ് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വകുപ്പുള്ളത് അല്ലേ ഈ ദേഹമാണോ ഞാൻ ദേഹമാണോ എന്റെ സ്വരൂപം ആദ്യമായിട്ട് ഈ ഉള്ളിൽ ഉദിക്കുക ഈ ശരീരം ഞാനാണോ ഈ ഞാൻ എന്ന് പറയണ അനുഭവം ശരീരത്തിലാണോ ഈ ഞാൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ അനുഭവമാണോ ഒരു വലിയ ചോദ്യമാണ് അത് ശരീരത്തിന്റെ അനുഭവമാണെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അംഗത്തിനെ മാറ്റി നിർത്തിയാൽ ഈ ഞാൻ എന്ന് പറയുന്നതിൽ ഒരു അംശം കുറയേണ്ടതാണല്ലോ ഒരു നഖം പിച്ച് പോലും ഈ ഞാനിൽ ഒരു ചെറിയ ഒരു അംശം കുറയേണ്ടതാണ് പക്ഷെ ഈ ഞാനാണെങ്കിലോ ലിവറെടുത്താലും മാറണില്ല കിഡ്നി എടുത്താലും മാറണില്ല ഹാർട്ട് എടുത്താലും മാറണില്ല ബ്രെയിൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും മാറണില്ല അപ്പൊ ഈ ഞാൻ എന്ന അനുഭവത്തിന് ബോധത്തിന് ശരീരത്തിന്റെ കോട്ടങ്ങൾ കൊണ്ടോ നേട്ടങ്ങൾ കൊണ്ടോ ഒരു വിധത്തിലുള്ള സമ്പർക്കവും സ്പർശവും ഏൽക്കണില്ല അത് സ്വതന്ത്രമായ ഒരു സത്തയാണ് അപ്പൊ ഈ ഞാൻ എന്താണ് മനസ്സാണോ പിന്നെങ്ങടാ ഓർത്തു നോക്കി ഉള്ളിൽ ആഴ്ന്നു നോക്കി മനസ്സാണോ അത് മനസ്സിന്റെ സ്വരൂപം എന്താണ് കുറെ വിചാരങ്ങള് വികാരങ്ങള് മനസ്സുദിക്കുമ്പോ പ്രപഞ്ചാനുഭവം മുഴുവൻ അറിയുന്നു മനസ്സടങ്ങുമ്പോ ഒക്കെ കാണാനില്ല ഉറക്കത്തില് ഈ മനസ്സെന്ന് പറയുന്ന ഒരു വിചിത്ര ശക്തി ഉള്ളിൽ പൊന്തുകയും അസ്തമിക്കുകയും ചെയ്യുന്നു അതിനെ ആരായുമ്പോ ജാഗ്രത്തിലും സ്വപ്നത്തിലും മനസ്സുണ്ട് പക്ഷെ മനസ്സില്ലാത്ത ഒരു സ്ഥിതിയാണ് സുഖമായി ഉറങ്ങി ഒരു വിചാരവുമില്ല സുഖമായി ഉറങ്ങി അപ്പോഴും ഞാനുണ്ടോ ഇല്ലയോ ഈ ഞാൻ എന്ന് പറയുന്ന ഈ നമ്മൾ കരുതുന്ന അഹങ്കാരമായ ഞാൻ അഭിമാനമായ ഞാൻ ഇല്ല പക്ഷേ അസുഷുപ്തി ഡീപ് സ്ലീപ്പ് എക്സിസ്റ്റൻസ് അസ്തിത്വം നിലനിൽപ്പ് നമ്മളുടെ ഇരുപ്പ് നമ്മളുടെ തന്മ അത് ഉള്ളത് കൊണ്ടാണ് സുഖമായിട്ടിരുന്നു എന്ന് പറയണത് എഴുന്നേറ്റിട്ട് ഒന്നും സ്വപ്നം പോലും കണ്ടില്ല സുഖമായിട്ടു ആ സുഖത്തിന് വെളിയിൽ ഒരു സാമഗ്രിയും ഉപയോഗിച്ചില്ല അല്ലേ ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഒന്നും സ്പർശിച്ചില്ല ഒന്നും അറിഞ്ഞില്ല സുഖമായിട്ടിരുന്നു എല്ലാവരുടെയും അനുഭവമാണ് സുഖമായിട്ടിരുന്നു ഒന്നും അറിഞ്ഞില്ല ആ സുഖം എവിടെ വന്നു അത് ആത്മാവിന്റെ സ്വരൂപമാണ് എന്ന് വേദം ഉപനിഷത്ത് കാണിച്ചു സുഖം നിന്റെ സ്വരൂപമാണ് നീ പുറത്ത് നിന്ന് നേടിയെടുക്കേണ്ട ഒരു സാധനമല്ലാതെ നേടിയെടുക്കുന്നതൊക്കെ പോയിപ്പോകും പക്ഷെ സ്വാഭാവികമായി ഈ സുഖം ആനന്ദം അത് നിനക്ക് നഷ്ടപ്പെടുത്തി കഴിയാ കളയാനേ ഓക്കില്ല അത് സഹജസ്വഭാവമാണ് പ്രകൃതി അപ്പൊ ആത്മാവന്റെ സ്വാഭാവികമായ ഈ സുഖത്തിനെ സ്വരൂപത്തിനെ ആനന്ദത്തിനെ വീണ്ടും ആഴ്ന്നു മുങ്ങി അന്വേഷിച്ചു നോക്കുമ്പോ ഈ ഞാൻ പറയുന്നത് എന്താണ് ഞാൻ ഞാൻ എന്ന അനുഭവത്തിന്റെ സ്വരൂപം എന്താണെന്ന് ആരായുമ്പോ അത് ശരീരമല്ല അത് മനസ്സല്ല അത് ബുദ്ധിയല്ല ശരീരം പരിണമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് ഒരു ചേഞ്ചുമില്ലാതെ പരിണാമമില്ലാതെ ഞാനുണ്ട് എന്നുള്ള അനുഭവം നമുക്കൊക്കെ ഉണ്ട് എൺപത് തൊണ്ണൂറ് വയസ്സിലുള്ള ആള് കല്യാണ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണു ആ ശരീരമേ ഇപ്പല്ല അല്ലേ ശരീരം മുഴുവനും മാറിപ്പോയി മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശരീരം പക്ഷെ ഈ ഞാൻ എന്ന അനുഭവം മാറ്റം കൂടാതെ അതിന് പുറകില് വ്യാവൃത്താസു അനുവർത്തമാനമഹം ഇതി അന്തസ്ഫുരന്തം സദാ അഹം അഹം എന്ന അനുഭവം എല്ലാ വികാരങ്ങൾക്ക് പുറകിലും വികാരമില്ലാതെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരു ജ്യോതി ജോലി കവിതയൊന്നുമല്ല നിങ്ങളുടെ ഒക്കെ അനുഭവമാണ് എല്ലാവർക്കും ഈ അനുഭവം അതിനെ ശ്രദ്ധിക്കണില്ല അറിയണില്ല അത്രയേ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ അജ്ഞാനമാണ് ബന്ധം ജ്ഞാനം എന്താ ചെയ്യുന്നത് ഈ ഉപാധി ഞാനല്ല ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഞാനല്ലെന്ന് തള്ളിക്കളയുമ്പോൾ ബാക്കി നിൽക്കുന്നതായ ശുദ്ധ ശിവം ആത്മസ്വരൂപത്തിനെ താനെന്ന് സാക്ഷാത്തായിട്ട് അറിയുന്നു അങ്ങനെ ആത്മാവിനെ അറിഞ്ഞ ജ്ഞാനീ ആത്മാവിനെ എങ്ങനെയാ അറിയണത് ഞാൻ ഇന്നവനാണ് ഞാൻ പുരുഷനാകുന്നു ഞാൻ സ്ത്രീ ഞാൻ നല്ല ആളാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ച ആളാണ് ഇങ്ങനെയൊന്നും അറിയണല്ലേ ആ അനുഭവത്തിന്റെ സ്വരൂപം എന്താ ഇത് അതും ഇതുമൊന്നും ഞാനല്ലെന്ന് തള്ളിക്കളഞ്ഞു അതുമിതുമല്ല അസദർത്ഥമല്ല അഹം സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ായി സദസതി പ്രതിപത്തി അറ്റ് സത്വമിതി മൃദുവായി മൃദുവായി അമർന്നിടും അതും ഇതുമല്ല അസദർഥമല്ല അതും ഇതും ഒന്നും ഞാനല്ല എന്നാണ് ഞാൻ ഇതും അതും ഒന്നുമല്ല പിന്നെ എന്താ സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി ശുദ്ധ സച്ചിദാനന്ദ സ്വരൂപമാണ് ഞാൻ ബ്രഹ്മമാണ് ആത്മാവാണ് ശുദ്ധ ബോധസ്വഭാവ ശുദ്ധ ബോധസ്വരൂപനാണ് ഞാൻ എന്നുള്ള അനുഭൂതി ആ അനുഭൂതി വന്നവൻ ഉപാധി സംബന്ധമില്ലാതെ അതായത് ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ തനിക്ക് മരണമില്ലെന്നുള്ള ഒരു വിചിത്ര അനുഭവം ശരീരത്തിലിരിക്കുമ്പോ തന്നെ ഞാൻ മരണമില്ലാത്തവനാണ് പൂർണനാണ് ആത്മാവാണ് നിർവണസുഖസ്വരൂപനാണ് നിർവണം എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണ് എന്നറിയും ജീവൻമുക്തൻ സ്ഥിരപ്രജ്ഞൻ യോഗി ഗുണാതീതൻ എന്ന് പല പേരുകൾ കൊണ്ട് ഗീതയും ഉപനിഷത്തും മറ്റുമൊക്കെ വിശേഷിപ്പിക്കുന്ന മഹാപുരുഷൻ നമ്മളുടെ ഡെസ്റ്റിനിയാണ് അതായത് നമ്മളുടെ ലക്ഷ്യസ്ഥാനമാണ് നമ്മളുടെ ഉള്ളിലൊക്കെ അങ്ങനെ ഒരു സത്യം ഒളിഞ്ഞുകിടക്കുന്നു അതിന്റെ മേലേക്ക് കല്ല് വെച്ചിട്ടാണ് കയറിയിരിക്കണത് മറച്ചിട്ട് ഒരു കഥ പറയോ ഒരു ഭിക്ഷക്കാരൻ ഒരു വലിയ വീപ്പ കമിഴ്ത്തി വെച്ച് അടച്ചു വെച്ചിട്ട് അതിന്റെ ഇരുന്ന് ഭിക്ഷ എടുക്ക വരുന്നവരോട് പോണവരോടൊക്കെ നാരണ തരുവോ അമ്പത് പൈസ ഒരു രൂപ പലരും കൊടുത്തിട്ട് പോണ്ട് അപ്പൊരു സാധു ഒരു സന്യാസി വന്നു ഇയാള് ഭിക്ഷ ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ അടുത്ത് ഭിക്ഷ ഒന്നും തരാനില്ല താൻ ഇരിക്കുന്ന ഈ പെട്ടിയുണ്ടല്ലോ അത് തുറന്നു നോക്കൂ അയാള് പറഞ്ഞു ഇതിലെന്താ ഉള്ളത് ഞാനേ ഇവിടെ മുപ്പത് വർഷം ഇതിന് മേലെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതിലൊന്നുമില്ല എനിക്കറിയാം കേട്ടോ താൻ മുപ്പത് വർഷമായിട്ടിരുന്നാലും മുന്നൂറ് വർഷമായിട്ടിരുന്നാലും തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ അറിയോ തുറക്കൂ ഏയ് എന്റെ അച്ഛനും ഇതിലിരുന്നിട്ടാ ഭിക്ഷ എടുത്തിരിക്കുന്നത് പലവിധ യുക്തികൾ പറഞ്ഞു പാമരന്മാർ അലൈവത് കണ്ടു അലയാതമർന്നിടയണം പലവിധ യുക്തി തോന്നുന്നു എന്റെ അച്ഛൻ എൻറെ മുത്തച്ഛൻ ഒക്കെ ഈ വിപ്പ ഇരുന്ന് പരമ്പര പിച്ചക്കാരാണെന്നാണ് തുറന്നു നോക്കൂന്ന് അവസാന അയാള് തുറന്നപ്പുണ്ട് അത് നിറച്ച് സ്വർണവും രത്നക്ക ഇതിന്റെ മേലെ ഇരുന്നിട്ടാണ് അമ്പത് പൈസയും ഒരു രൂപയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മളുടെ ഒക്കെ കഥ ഉള്ളിലൊരു വലിയ നിധി ഇരിക്കണോ ഒരു ട്രഷർ ഇരിക്കണോ തിരിഞ്ഞു നോക്കണേല വെളിയില് കരസ്ഥം പായസം തെക്വാ ഗൃഹസ്ഥം പായസം തെക്ത്വ ഭിക്ഷാമഠതി ദുർമതി എന്നോ അറിയേട്ടിക്കുതിപ്പാറടി തന്നെയറിയാറടീ കിടിയേ സന്ദേഹ ജീവരടി ഒരു സാധു പാടി എന്നോ അറിയുതിപ്പാറടീന്ന് എന്തൊക്കെയോ അറിയാനും എന്തൊക്കെയോ മനസ്സിലാക്കാനും എന്തൊക്കെയോ കുത്തിച്ച് ചാട് ആ പുറത്തേക്ക് തന്നെ അറിയാറടി തന്റെ സ്വരൂപം എന്താണ് താൻ ആരാണോന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്താലോ സന്ദേഹ ജീവരടിന്ന് സംശയത്തിന് മേലെ സംശയം ആ സംശയമൊക്കെ നിവൃത്തമായി കഴിയുമ്പോൾ ചിത്തം ശാന്തമാകുമ്പോൾ ചിത്തവൃത്തികൾ അടങ്ങുമ്പോൾ നിശ്ചലമായ സ്ഥിതിയില് ഞാൻ എന്നുള്ള ഹൃദയത്തിൽ അടങ്ങുമ്പോ ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുൾ ഈ ശരീരമല്ല ബോധമാണ് ചൈതന്യമാണെന്നുള്ള അനുഭവം ഹൃദയത്തില് വരും പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധ ബോധസ്വഭാവ ശുദ്ധബോധസ്വഭാവനാണ് ചൈതന്യമാണ് ഞാൻ എന്ന അനുഭവം ഹൃദയത്തില് പ്രകാശിക്കും ഇവിടെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ എനിക്ക് മരണമില്ലെന്നും താൻ പൂർണനാണെന്നുമുള്ള അനുഭൂതി ഹൃദയത്തിൽ ഉണ്ടാവും നിശ്ചയം തത്വനിശ്ചയം ഉണ്ടാവും ജ്ഞാനമുണ്ടാവും ആ ജ്ഞാനമാണ് മോക്ഷം ിതി എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു മരിക്കണതിന് മുമ്പെങ്കിലും ഇത് അർജുന ഇത് സമ്പാദിച്ച ഒരു അന്ധകാലത്തിലെങ്കിലും വരട്ടെ എന്നാണ് അവസാനം മരിക്കുന്നതിനു പോലും പലർക്കും ഈ ചിന്തയൊന്നും വരാറില്ല മരണത്തിന് കുറച്ചു മുമ്പ് പോലും ഷെയർ മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കും യമൻ മുമ്പിൽ വന്ന് നിക്കുമ്പോ ഇതൊക്കെ യൂസാകൂന്ന് സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹിരക്ഷരണേ എന്ന് ശങ്കരാചാര്യർ കരുണയോട് പറഞ്ഞു അല്ലെ ഒലക്ക കൊണ്ട് തല്ലുക എന്നാണ് പേര് ഈ ഭജഗോവിന്ദത്തിന് പേര് മോഹ മുദ്ഗരം മുദ്ഗരം മോഹത്തിന്റെ തലയ്ക്ക് ഒലക്ക കൊണ്ട് തല്ലുക എന്താ പറയാൻ കാരണം എന്ന് വെച്ച കരുണ കൊണ്ട് പറഞ്ഞു നോക്കൂ വയസ്സായി അംഗം ഗളിതം ഫലിതം മുണ്ടം ദശന വിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹിത്വ ദം തദപി നശാപിണ്ടം ഡിലുള്ള പല്ലൊക്കെ പോയി നടക്കാൻ വയ്യ ഇനിയും ആശാപിണ്ഡം മാത്ര മാറ്റിവെക്കണല്ലോ മരണം വരണതിനു മുമ്പെങ്കിലും ഭഗവത് സാക്ഷാത്കാരത്തിന് സമ്പാദിക്കണ്ടേ മരണം വരുന്നതിന് മുമ്പെന്ന് വെച്ചാൽ അനുപ്പൊന്നും ആയിട്ടില്ലല്ലോ എന്നാണ് പലരുടെയും വെപ്പം പുറത്തുപോയ ശ്വാസം അകത്തേക്ക് തിരിച്ചു വരുവോന്നറിയില്ല അല്ലേ മരണം എപ്പോഴെങ്കിൽ വരാം ജനിച്ച അടുത്ത മിനിറ്റ് മരണം വരാം വാസ്തവത്തിൽ ഈ ജനനം തന്നെയാണ് മരണം ജനിച്ചിട്ടില്ലെങ്കിൽ മരണമില്ല ജനിക്കുമ്പോ മരണം തുടങ്ങുന്നു മരിക്കുമ്പോ മരണം അവസാനിക്കണം ഓരോ ബർത്ത്ഡേയും ശ്രാദ്ധാണ് അവസാനത്തെ ശ്രാദ്ധത്തോടുകൂടെ ബർത്ത്ഡേ അവസാനിച്ചു അല്ലേ ബർത്ത്ഡേക്ക് ശ്രാദ്ധത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല അത് പറഞ്ഞപ്പോ ചിലപ്പോ വിഷമായിട്ട് തോന്നും പക്ഷെ ആദ്യത്തെ വർഷം കഴിയുമ്പോഴാണല്ലോ ബർത്ത്ഡേ അല്ലേ അപ്പൊ ഒരു വർഷത്തെ ശ്രാദ്ധം ജീവിക്കുമ്പോ ചെയ്താൽ അതിന് നമ്മൾ പറയില്ല പിറന്നാളാഘോഷം എന്ന് പറയും മരിച്ചു കഴിയുമ്പോ അതിന് ശ്രാദ്ധം എന്ന് പേരും നമ്മുടെ മലയാളികളാകുമ്പോ ശാർദം എന്നും പറയും അപ്പോ ശരീരം ഞാനല്ല ഞാൻ ആത്മാവാണ് ചൈതന്യമാണെന്നുള്ള അനുഭവത്തിന് ഞാൻ എന്ന അനുഭവത്തിന്റെ സ്വരൂപത്തിനെ ആരായിലാണ് ജ്ഞാന വിചാരം എന്ന് പറയണത് ഞാൻ ആരാണ് ഞാൻ എന്ന് പറയണത് എന്താണ് എല്ലാവർക്കും ലോകത്തിൽ എവിടെ പോയാലും ഈ ഞാൻ എന്നുള്ളത് ഇല്ലാതില്ല അത് ഉപയോഗിക്കണ പേര് മാറും ഐ അഹ് മേ എന്നൊക്കെ പറയും ഓരോ പേരുകളും വ്യത്യാസപ്പെട്ട് പറയും പക്ഷേ കൊണ്ട് കുറിക്കണത് എന്താ ഉള്ളിലുള്ള ഈ ഒരു അപ്സർച്ച് സംതിങ് റൈസസ് ഫ്രം ഐനിന്റെ സ്വരൂപം എന്താണ് അതെന്താണ് എന്നുള്ളില് ശ്രദ്ധിച്ചു നോക്കുമ്പോ ആരായുമ്പോ ഉള്ളില് ആത്മജ്ഞാനം ഉദിക്കും ഞാൻ അഹങ്കാരം അതിന്റെ മൂലത്തില് ഹൃദയസ്ഥാനത്തിൽ അടങ്ങുമ്പോ ജനനമോ മരണമോ ഇല്ലാത്ത അഖണ്ഡമായ ഒരു ज्ञान അവിടെ പ്രകാശിക്കും അത് ഈ ഇൻഡിവിജ്വൽ അല്ല ആകാശം പോലെ പൂർണമായത് അനന്തമായത് അതിരില്ലാത്തത് വരമ്പില്ലാത്തത് അപൂർണമായ ബോധം ആ ബ്രഹ്മാനുഭവം അതിനെ നേടുമ്പോ ഒരാളെ സാക്ഷാത്കാരം നേടിയവൻ എന്ന് പറയുന്നു ജ്ഞാനി എന്ന് പറയണു ജീവൻ മുക്തൻ എന്ന് പറയണു ആ അനുഭവത്തിനെ മോക്ഷം എന്ന് പറഞ്ഞു മോക്ഷം മരിച്ചു കഴിഞ്ഞിട്ടല്ല ഇവിടെ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ആ മുക്തിസുഖം അനുഭവിക്കാൻ മരിച്ചു കഴിഞ്ഞിട്ടൊന്നും സാധിക്കാൻ പറ്റില്ല ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഒരു വഴിയേ ഉള്ളൂ ഒരു വിളക്ക് നിന്ന് വിളക്ക് പോലെ ഈ തത്വസാക്ഷാത്കാരം എന്ന ജ്ഞാനിയിൽ നിന്നും തന്റെ സ്വരൂപത്തിനെ കേട്ടറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധം വരുമ്പോ ഒരു പരമാനന്ദം ഒരു നിർവൃത്തി ശാന്തി ഇറ്റേണൽ ഹോളിഡേ സമ്മർ വെക്കേഷന് കുട്ടികൾക്കൊരു സന്തോഷം വരും ആദ്യത്തെ ദിവസം കൂട്ടിയിട്ട് വരുമ്പോൾ അതുപോലെ ഞാനിക്ക് ജീവിതം മുഴുവൻ സ്വാതന്ത്ര്യമാണ് എന്താന്ന് വെച്ചാൽ ഒന്നും ഒരു കാര്യം ചെയ്യാനില്ല നേടിയെടുക്കാനില്ല ആയിത്തീരാനില്ല വലിയ റിലീസ് അതിനെയാണ് ഉള്ളിലെ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ള വാർത്ത ചെവിയില് വീഴണ്ടല്ലോ ബുദ്ധൻ അതാണോ പറയണത് ഈ വാർത്ത ചെവിയില് വീഴാനായിട്ട് ഹേ ഭിക്ഷുക്കളെ നിങ്ങൾ സഞ്ചരിക്കൂന്നാണ് ഈ വാർത്ത ചെവിയില് വീഴട്ടെ ജനങ്ങളുടെ ഉള്ളില് അവര് ജനിച്ചിരിക്കണത് ജോലി കിട്ട പണം കല്യാണം കഴിക്കുക കുട്ടികളുണ്ടാവ പിന്നെ കുട്ടികളെ നഴ്സറി ക്ലാസ് മുതൽ തുടങ്ങി പഠിപ്പിക്കുക നമ്മൾ വീണ കുഴിയില് അവരെയും വീഴ്ത്തുക അതാണ് ലോകം കുറെ ഒരു സ്ഥലത്ത് നിധി ഉണ്ടെന്ന് പറഞ്ഞ് കുറെ ആളുകൾ പോയി പോയപ്പോൾ ആദ്യം പോയ ഒന്ന് രണ്ടാള് വഴിയിൽ ധാരാളം കുഴിയുണ്ട് ഓരോ കുഴിയിൽ വീണു വീണ് കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു ഇനി പിന്നാലെ വരുന്ന ഒരാളെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കരുത് പുറകെ വരുന്ന ആളുകളെയൊക്കെ കാലുപിടിച്ച് വലിച്ചതിനകത്തി കിട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യൂവിൽ പുറത്ത് നോക്കുന്നു നോക്കണ ആളുകൾ കണ്ടു എല്ലാവരും കുഴിയിലാണ് ചാട്ടുന്നത് അപ്പോൾ അവരിനി ആരും പറയുകയേ വേണ്ട അവർ നേരെ പോയി കുഴിയിലിറങ്ങും ഇടയിൽ ഒന്ന് രണ്ടാളുകൾ ബുദ്ധിയോടുകൂടെ പറഞ്ഞു ആ കുഴിയിൽ ചാടരുത് ആ കുഴിയിൽ ഒന്നുമില്ല നിധി വേറെ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് ഇവർ വീണു ആ കുഴിയിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കൂടി അവരെ തല്ലി സിദ്ധി കൂട്ടിക്കളഞ്ഞു സമാധിരുത്തി വെച്ചാൽ ഇതാണ് ലോകസമ്പ്രദായം കുരുടന്മാരുടെ ഘോഷയാത്ര എന്നാണ് പറഞ്ഞത് ശങ്കരാചാര്യർ ഭാഷയത്തിൽ ഒരിടത്ത് പറഞ്ഞു ഭാഗവതത്തിൽ അതേ വാക്ക് വരും അന്ധപരമ്പരയും സംസാര സരണി അന്ധപരംപര അന്ധേനൈവനീയമാനാ യഥാന്ധാഹ കണ്ണു കാണാത്ത കണ്ണു കാണാത്ത കുറെ ആളുകൾ വഴി കാണിക്കണ പോലെയാണ് ഈ സമ്പ്രദായം കാരണം ഉയർന്ന ഒരു ലക്ഷ്യം അലൗകികമായ ഒരു ലക്ഷ്യം മുമ്പിലില്ല ഭഗവത് സാക്ഷാത്കാരം എന്നുള്ളത് മുമ്പിലില്ല ശാന്തിയുടെ ഒരു ധാമം ഉള്ളിലുണ്ട് എന്നുള്ളത് അറിയണില്ല ഈ പുറത്തുള്ള ഈ ലോകവും ജീവിതവും ഇവിടെ ഉള്ള രാഗദ്വേഷങ്ങളും പ്രമോഷനും ട്രാൻസ്ഫറും കല്യാണവും കുട്ടികളും ഇതോടുകൂടെ കഴിഞ്ഞു എന്നാണ് പിന്നെ റിട്ടയർ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ മുമ്പിലൊന്നുമില്ല ശൂന്യം പോകുന്നിടത്തൊക്കെ ഞാൻ കാണുന്ന ഒരു വേദനാജനകമായൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ വലിയ വീട് ഇഷ്ടം പോലെ പണം മക്കളൊക്കെ ഉണ്ട് എവിടെയോ ഇരിക്കണോ വയസ്സായ അച്ഛനും അമ്മയും നോക്കാൻ ആരുമില്ല എല്ലാണ്ട് ആരോ ചോറ് കൊണ്ട് കൊടുക്കണു ഭാഗവതത്തിൽ ധൃതരാഷ്ട്രരെ ചിത്രീകരിക്കുന്നുണ്ട് അതാണ് നോക്കണിന് മുമ്പിൽ വരിക ധൃതരാഷ്ട്രർക്ക് ഭീമൻ കൊണ്ട് കൊടുക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ചാപ്പാടും ഒക്കെ അതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് ധൃതരാഷ്ട്ര ഇരിക്കുമ്പോ വിതുരൻ വന്ന് പറയണു പുറപ്പെടുക രാജൻ നിർഗമ്യതാം ശീഖ്രം ഇനിയെങ്കിലും വൈരാഗ്യം ഈ ഭീമൻ കൊണ്ടുവന്ന തരണത് ഇട്ടിലി ഒന്നുമല്ല അത് പിണ്ടമാണെന്ന് ഭീമാപവർജിതം പിണ്ട മാതത്തെ ഗൃഹപാലവത്തെ എഴുന്നേൽക്കൈരാഗ്യം എന്ന് പറയുന്നത് ഉയർന്ന ഒരു മറന്നു കളഞ്ഞ് ഇവിടെ നിന്ന് കളയരുത് എന്നാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു പിന്നെ ശൂന്യം ഒരു ലക്ഷ്യമില്ല നേരം വെളിച്ചായി ആ ടിവിയുടെ മുമ്പിൽ സീറ്റൊക്കെ തേഞ്ഞുപോയി കാരണം വേറൊന്നുമില്ല ഒരു ലക്ഷ്യം മുമ്പിലില്ല സത്സംഗമാണെങ്കിലും ടി വിയിലൂടെ കിട്ടണം അതിലെന്തു കുപ്പ കിട്ടിയാലോ അതന്നെ പ്രമാണം അല്ലേ അങ്ങനെയായിപ്പ നമുക്ക്